ദൈവനാമത്തിൻ്റെ മഹത്വം നമുക്ക് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഒന്ന് കൊരിന്തൽ പതിനൊന്നാം അധ്യായത്തിലെ ആ ഭാഗത്തെ ഒരു വാക്യം ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കൊരിന്തൽ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം ശോധന ചെയ്യണം നമുക്കറിയാവുന്ന ഒരു പ്രയോഗമാണ് എന്നാൽ ഇംഗ്ലീഷിൽ ഒരു ഒരു വേർഷനിലത് അത് ശോധന ചെയ്യുക എന്നുള്ളതിന് പകരം മനുഷ്യൻ അവന് തന്നെത്താനെ പ്രൂവ് ചെയ്തിട്ട് വേണം ഈ അപ്പം തെന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ എന്നാണ് ഇംഗ്ലീഷിൽ ആ വേർഷനിൽ കാണാനിടയായത് മനുഷ്യൻ തന്നെത്താൻ പ്രൂവ് ചെയ്യണം മനുഷ്യൻ തന്നെത്താൻ തെളിയിക്കണം മനുഷ്യൻ തന്നെ താൻ തെളിയിച്ചതിന് ശേഷം വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ എന്നാണ് ആ പ്രത്യേക വേർഷനിലെ പ്രയോഗം അത് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ നമ്മൾ തെളിയിക്കേണ്ടത് നമ്മളെന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ തെളിയിക്കേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ഈ മേശയിലേക്ക് കൈ നീട്ടുന്നു അപ്പോഴത് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത് എന്ന് നമ്മളെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ തെളിയിക്കണം നമ്മളെ ചിന്തിക്കണം എവിടെയെങ്കിലും ആ കാര്യങ്ങൾ എന്തെങ്കിലും ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് അത് തെളിയിച്ചതിന് ശേഷം വേണം അതിലേക്ക് കരന്നിട്ടാൻ എന്നാണ് ആ വാക്യം പറയുന്നത് ഇവിടെ ഇതാ അതിൻ്റെ മുകളിൽ ഇരുപത്തിയാറാമത്തെ വാക്യം അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു റിച്വലിൻ്റെ ഭാഗമായിട്ടൊരു റിച്വലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തു പോകാനായിട്ട് കഴിയും ഇത് മാത്രമല്ല കർത്താവിൻ്റെ മേശ മാത്രമല്ല ഞായറാഴ്ചത്തെ കൂടി അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ മീറ്റിങ് ഒക്കെ നമുക്ക് ഒരു നമ്മുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ നമുക്കിതിലൊക്കെ പങ്കെടുക്കാനായിട്ട് കഴിയും എന്നാൽ ദൈവം നോക്കുന്നത് എന്താണ് ദൈവത്തെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് കളിപ്പിക്കാനൊക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് ദൈവമാണ് ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനായിട്ടൊക്കെ അല്ല രഹസ്യത്തിൽ കാണുന്ന പിതാവ് യേശുവിൻ്റെ ഒരു പ്രയോഗമാണ് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പിതാവിനെ അങ്ങനെ പറഞ്ഞേക്കുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് രഹസ്യത്തിൽ കാര്യങ്ങൾ കാണുന്നു അപ്പോൾ ഒന്നാമത് അവിടുന്ന് നമ്മളെ നോക്കുന്നു നമ്മളെ അവിടുന്ന് ശ്രദ്ധിക്കുന്നു നമ്മുടെ ജീവിതമാണ് അവിടത്തേക്ക് പ്രധാനം അവിടുത്തെ മുമ്പാകെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എല്ലാം നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു അങ്ങനെയായിരിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനായിട്ട് കഴിയേയില്ല നമ്മൾ ഞായറാഴ്ച വന്ന് മീറ്റിങ്ങിന് വന്നു വെള്ളിയാഴ്ച മീറ്റിങ്ങിന് വന്നു അല്ലെങ്കിൽ കറുത്തർപേശയിലെ കൈനീട്ടി ഇതുകൊണ്ടൊക്കെ ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനായിട്ടൊക്കെ ഇല്ല പക്ഷേ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്തതിന് ശേഷം ഇതെല്ലാം അർത്ഥപൂർണമായിട്ട് നമുക്ക് ചെയ്യാനൊക്കും ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ തെളിയിച്ച ശേഷം ദൈവമേ എനിക്ക് മറ്റൊരു അജണ്ട ഇല്ല എനിക്ക് മറ്റേ രഹസ്യമായ മറ്റ് ചില താല്പര്യങ്ങളില്ല അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിന് തൃപ്തിയല്ലാത്ത ചില കാര്യങ്ങളെ ഞാൻ പിടിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടുത്തെ മുമ്പാകെ വന്ന് ഞാനത് ബോധപൂർവ്വം ചെയ്തതല്ല പക്ഷേ ഒരു സ്ലിപ്പുണ്ടായി അത് അവിടുത്തെ രക്തത്താൽ കഴുകി ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രാഗൽഭ്യത്തോടെ വരുന്നു എന്നിങ്ങനെ നമ്മളെ തന്നെ പ്രൂവ് ചെയ്ത് നമ്മളെ തന്നെ തെളിയിച്ച് വേണം നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കാരണം കർത്താവ് കർത്താവിൻ്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ നമുക്ക് കബളിപ്പിക്കാനായിട്ടൊക്കെയില്ല അവിടുന്ന് നമ്മുടെ പരിപാടിയേക്കാൾ നമ്മളെ ആശ്രയിക്കുന്നു ലോകം അങ്ങനല്ല ലോകമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു അവിടെ കൃത്യത്തിന് വന്നേക്കണം കൃത്യത്തിന് പഞ്ച് ചെയ്യണം കൃത്യത്തിന് ജോലി ചെയ്യണം പോകണം എന്നല്ലാതെ ആ വന്നിരിക്കുന്ന ആളിൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ മേലധികാരിയെക്കുറിച്ചൊരു കയ്പുണ്ട് അവനെക്കുറിച്ചൊരു പകയുണ്ട് ഇതൊന്നും നിങ്ങളുടെ അവസാന ശമ്പളം കിട്ടുന്നതിനെ ബാധിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മുറിമുറുപ്പുണ്ട് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തോട് തന്നെ നിങ്ങൾക്കിഷ്ടമില്ല എന്നാലും അതൊന്നും അവിടെ കണക്കെടുക്കുന്നില്ല നിങ്ങൾ വന്നോ ഹാജരായോ അതുമാത്രമേ ലോകം നോക്കുന്നുള്ളൂ എന്നാൽ ദൈവിക രീതി വ്യത്യസ്തമാണ് ഇത് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവർ ചിലർ വിചാരിക്കും നമുക്ക് ഞായറാഴ്ച ഇന്നൊരു ആരാധന പങ്കെടുത്തില്ലെങ്കിൽ ദൈവം കോപിക്കുമെന്നോ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ വരുന്ന എല്ലാവരെയും മീറ്റിങ്ങൾക്ക് വരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ചില മീറ്റിങ്ങിന് വന്നില്ലെങ്കിലും വന്നില്ലെങ്കിലും നിങ്ങളെന്ത് കാര്യത്തിൽ പ്രൂവ് ചെയ്യണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങൾ ദൈവത്തിന് തൃപ്തികരമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മീറ്റിങ്ങുകൾക്ക് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൈ നീട്ടുന്നത് ഇതൊക്കെയും നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്ത് ഇതിലേക്ക് കൈ നീട്ടണം ഒന്നാമത് നിങ്ങൾ തന്നെയാണ് ദൈവത്തിനാവശ്യം അത് കഴിഞ്ഞു മതി നിങ്ങളുടെ പരിപാടികൾ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് യു ആർ ഇമ്പോർട്ടൻറ്റ് നോട്ട് യു പെർഫോമൻസ് ഇതാണ് ദൈവം എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ഇതാ ഈ കർത്തൃമേശയെക്കുറിച്ച് നമ്മൾ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കാണുന്നത് അങ്ങനെ നിങ്ങൾ ഈ അപ്പൻത്തിൻ്റെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കണ്ടോ കർത്താവ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ അപ്പൻത്തിൻ്റെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നത് അല്ലേ കർത്താവ് ഒന്നാമത് ആദ്യം വന്നു കർത്താവ് കാൽവറി കൃഷിയിൽ മരിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു ആ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് വന്നു താൻ ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര വർഷം ജീവിച്ച് താൻ കടന്നു മുമ്പ് കാൽവറിയിലേക്ക് ചെന്ന് ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ കഴിക്കാനായിട്ടിരുന്നപ്പോൾ കർത്താവ് തന്നെ വരാൻ പോകുന്ന മശീഹായിക്കു വേണ്ടി യഹൂദന്മാരും മാറ്റി വയ്ക്കുന്ന ആ ആ അപ്പത്തെ എടുത്തു നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്കിപ്പോൾ കിടക്കുന്നില്ല എല്ലാ പസഹ കഴിക്കുമ്പോഴും യഹൂദന്മാർ എന്ത് ചെയ്യും ഒരപ്പം അവർ പ്രത്യേകം മാറ്റിവെക്കും അതവരുടെ പ്രതീക്ഷയെന്ന് പറയുന്നത് ഒരു മഷിഹ വരും ആ മസീഹയ്ക്ക് വേണ്ടി അത് മാറ്റിവെക്കുക അത് അവർ ഉപയോഗിക്കുകയില്ല കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പസഹ കഴിച്ചു കഴിച്ചതിന് സാധാരണ മാറ്റി വയ്ക്കുന്ന ആ അപ്പം അവിടുന്ന് കരത്തിലെടുത്തു കാരണം എന്താ അവിടുന്ന് ആണ് ആ മഷിഹ ഇനിയും വേറൊരു മഷിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടില്ല കർത്താവ് അപ്പമെടുത്ത് അതിനെ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് കർത്തൃമേശിയായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി കർത്താവ് പറഞ്ഞു ഇതിൽ നിന്ന് ഭക്ഷിപ്പീൻ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വാങ്ങിക്കുടിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് അപ്പോൾ അങ്ങനെ ചെയ്തത് കർത്താവ് ഒന്നാമത് വന്നതുകൊണ്ടാണ് ആദ്യം വന്നതുകൊണ്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ വായിച്ച പതിനൊന്നിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മറ്റൊരു വരവിനെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട് എന്താ നമ്മൾ വായിച്ചത് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നതുകൊണ്ടാണ് ഈ കർത്തൃമേശ സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ ഇത് ഇനി ഏത് കാലം വരെയുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഇത് തുടരും കണ്ടോ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെയും രണ്ടാമത്തെ വരവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലുള്ളത് സത്യത്തിലെന്താ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെയും രണ്ടാമത്തെ വരവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അതെന്താ അത് സഭയ സഭയ സഭയ ആരംഭിച്ചത് കർത്താവ് ഒന്നാമത് വന്നതുകൊണ്ടാണ് കർത്താവ് ഒന്നാമത് വന്നു കർത്താവ് പാപപരിഹാരം കാൽവറിക്കൃശിൽ വരുത്തി ആ കർത്താവ് അവിടെ സകല ജാതികൾക്കും വേണ്ടി രക്ഷയുടെ ഒരു വാതിൽ തുറന്നിട്ടു പന്തക്കോസ് നാളിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്ല പ്രവർത്തി രണ്ടാമധ്യായത്തിലാണ് അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം കേട്ടിരുന്നവർ ഹൃദയം കുത്തുകൊണ്ട് അവർ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അതിന് മറുപടിയായിട്ട് പത്രോസ പ്രസംഗിക്കുന്നത് എന്താ രണ്ടാമധ്യായം അപ്പോസ്ല പ്രവർത്തി രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും വിശേഷം അപ്പൊസന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെയും ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസപ്പോൾ അതിന് പറയുന്നത് എന്താ പത്രോസ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ മനംതിരിഞ്ഞ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി പാപങ്ങളുടെ മോചനം നേടി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ആ ദാനവും സ്വീകരിച്ച് കണ്ടോ അപ്പോൾ കർത്താവ് ഒന്നാമത് വന്ന് പാപരിഹാരം വരുത്തിയത് കൊണ്ടാണ് എന്തൊൺ കഴിയുന്നത് ഒരാൾക്ക് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനം പ്രാപിക്കാനും സ്നാനപ്പെടാനും സഭയിൽ അംഗമായിരിക്കാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാനും ഒക്കെ കഴിയുന്നത് തുടക്കം ഇവിടെ തുടക്കം ഇവിടെ പാപങ്ങളുടെ മോചനം പാപങ്ങളുടെ മോചനത്തിനായിട്ട് മാനസാന്തരപ്പെട്ട സ്നാനമേൾക്ക് എന്നാണ് അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ ആ നിലയിലാണല്ലോ ആ വാക്യം കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് ഒന്നാമത് വന്നതുകൊണ്ടാണ് എന്തുണ്ടായത് മാനസാന്തരം രക്ഷയിലേക്കുള്ള വരവ് പാപമോചനം സ്നാനം ഈ കാര്യങ്ങളെല്ലാം വന്നത് ഈ കാര്യങ്ങളിലൂടെയാണ് ഒരാൾ എന്ത് വരുന്നത് സഭയിലേക്ക് വരുന്നത് ഈ മാനസാന്തരത്തെ കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണാതെ ആ പൊതുജനനത്തിലൂടെയാണ് ഒരുവൻ സഭയിൽ അംഗമാകുന്നത് സഭയെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഉള്ള ആ കാലഘട്ടത്തിൽ നീണ്ടു കിടക്കുന്ന ആ കാലയളവിൽ കർത്താവിന് രക്ഷകനും നാഥനുമായിട്ട് ഏത് സ്ഥലത്ത് ആര് സ്വീകരിക്കുന്നോ അവരെല്ലാം ഈ ആഗോള സഭയുടെ ഭാഗമാണ് യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമാണ് ദൈവം അവരെ സഭയുടെ അംഗങ്ങളായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള ആഗോള സഭയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഓരോ പ്രദേശത്തും പ്രാദേശിക കൂടിവരവുകളുണ്ട് അത്തരം ഒരു കൂടിവരവാണ് നമ്മുടെ ഈ കൂടിവരവ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഒരുവൻ സഭയിൽ അംഗമാകുന്നത് കർത്താവ് കാൽവര കൃഷി മരിച്ചത് കൊണ്ടാണ് പാവങ്ങളുടെ മോചനമുണ്ടായതുകൊണ്ടാണ് ഒരാൾക്ക് സഭയിൽ അംഗമാകാൻ വെക്കുന്നത് അപ്പോൾ സഭ ആരംഭിച്ചത് ഏതിലാണ് കർത്താവ് വന്ന് കാൽവറി കൃഷിയിൽ മരിച്ച് രക്ഷയുടെ ഈ വാതല് തുറന്നിട്ടതുകൊണ്ടാണ് സഭ അതിലാണ് ആരംഭിക്കുന്നത് ആരംഭിച്ചിട്ട് എവിടെ വരെ നിൽക്കും കർത്താവ് വരുവോളം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ കർത്താവ് രണ്ടാമത് വരുന്നു കഴിയുമ്പോൾ സഭ കർത്താവിനോടൊപ്പം ചേർക്കപ്പെടും അപ്പം ഈ നീണ്ട കാലയളവിൽ സഭ ഇങ്ങനെ തുടരുക ആ സഭയിൽ കാലാകാലങ്ങളിൽ അംഗങ്ങളാകാൻ നമുക്ക് ദൈവഭാഗ്യം തന്നു നമ്മളിപ്പോൾ വായിച്ചതുപോലെ അപ്പോസിലപ്പുറത്തെ രണ്ടാമധ്യായം എൻ്റെ മുപ്പത്തെട്ടാം വാക്യത്തിൽ വായിച്ചതുപോലെ നമ്മളും കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ ഈ കാൽവറിക്രൂശിലെ മരണത്തിലെ വിശ്വസിച്ച് നമുക്ക് കർത്താവിൻ്റെ സഭയുടെ ഭാഗമായിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞു അങ്ങനെ ഇത് ഈ സഭയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിത് എന്നുവരെ തുടരും കർത്താവ് വരുവോളം കർത്താവ് വരുവോളും ഇരുപത്തിയാ ഒന്ന് കോർ പതിനൊന്നിൻ്റെ ഇരുപത്താറിലെ ചില പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണേ നമ്മൾ ഈ അപ്പൻ തന്നെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അപ്പൻ തന്നെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നത് നമ്മൾ സഭയിലായതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവ് വരുവോളം കർത്താവ് വരുവോളം സഭയിൽ തുടരും ഒരുപക്ഷെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചില നാളുകൾ കൊണ്ട് തീർന്നു പോയാലും സഭയെന്ന് പറയുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും സഭ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഉണ്ടാവും അതിൻ്റെ അകത്ത് സംശയം വേണ്ട സഭയെ ഇല്ലാതാക്കാൻ ഏതെല്ലാം ശക്തികൾ ശ്രമിച്ചാലും സഭ എന്നു വരെ ഉണ്ടാവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഉണ്ടാകും അപ്പം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെയും രണ്ടാമത്തെ വരവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് കർത്താവിൻ്റെ സഭ ആ സഭയിൽ എന്തുണ്ട് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഈ ഒരു ശുശ്രൂഷ ഈ ഒരു സ്മരണ ശുശ്രൂഷയുണ്ട് ഇതാണ് അവിടെ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ടോ അവൻ വരുവോളം കർത്താവ് വരുവോളം അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുന്നു ഇതിനെ എന്തിനാ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞത് മരണത്തെ പ്രസ്താവിക്കുന്നു ആ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തോട് ചേർത്ത് ചിന്തിച്ചാലേ ഇത് മരണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളതിൻ്റെ സാങ്കത്യം മനസ്സിലാവുകയുള്ളു നമ്മൾ നേരത്തെ വായിച്ചത് ഇരുപത്തെട്ടിൽ വായിച്ചത് എന്താ ഇതിലേക്ക് ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെന്ത് വേണം തന്നെത്താൻ തെളിയിക്കണം താൻ കർത്താവിനോട് ചേർന്നാണ് നിൽക്കുന്നത് കർത്താവിൻ്റെ ആ മൂല്യങ്ങൾ വിട്ട് താൻ പോയിട്ടില്ല അഥവാ എപ്പോഴെങ്കിലും ഒരു സ്ലിപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ വീണ്ടും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അങ്ങനെ തന്നെത്താനെ പ്രൂവ് ചെയ്യണം അങ്ങനെ ഒരാൾ തന്നെത്താനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നിൽക്കുന്നത് ഒരളവിൽ ഒരളവിലെന്താ ഒരു കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അവൻ എന്തില്ല ഇങ്ങനെ കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരുവന് അവൻ്റെ ഒരു സ്വയജീവനില്ല അവൻ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു കാൽവറക്രൂശം ക്രൂശിക്കപ്പെട്ടു ഇന്ന് കർത്താവിൻ്റെ ക്രൂശും വഹിച്ച് അവൻ നടക്കുകയാണ് ഈ ക്രൂശനുഭവം ക്രൂശെന്ന് പറയുമ്പോൾ അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആത്യന്തികമായിട്ട് അതിനെ ഇങ്ങനെ നമുക്ക് പറയാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവേഷ്ടത്തിനായിട്ട് മാറ്റി വയ്ക്കുന്നതാണ് അടിസ്ഥാനപരമായിട്ട് അനലൈസ് ചെയ്ത് വരുമ്പോൾ ക്രൂശനുഭവം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒത്തിരി ഇഷ്ടമുണ്ട് നമ്മുടേതായ ചില കാര്യങ്ങൾ ആ നമ്മുടേതായ രീതി ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട് എന്നാൽ ദൈവവചനം അതിന് ചിലത് അങ്ങനെയല്ല ഇങ്ങനെ വേണമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് നമുക്കതനുസരിക്കാൻ താല്പര്യമില്ല താല്പര്യമില്ല താല്പര്യമില്ലാതിരിക്കുക ഇരുന്നാലും നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ ശിഷ്യൻ ശിഷ്യ എന്നുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ മകൻ മകൾ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ തന്നെ തന്നെ തെളിയിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ദൈവേഷ്ടത്തെ സ്വീകരിക്കും ഈ ദൈവേഷ്ടത്തെ സ്വീകരിച്ച് നമ്മുടെ ഇഷ്ടത്തെ ബലിപീഠത്തിൽ വെക്കുന്നത് ഒരളവിൽ ഒരു മരണം തന്നെയാണ് ഒരു മരണമാണ് ഇവിടെ കണ്ടോ കർത്താവിൻ്റെ മരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത് കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് എന്താ അതിൻ്റെ സ്പിരിറ്റ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് നമ്മുടെ സ്വന്തം അവകാശങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ ദൈവേഷ്ടത്തിനായിട്ട് ബലി കഴിച്ച് ഒരു മരണത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതാണ് അതിൻ്റെ സ്പിരിറ്റ് ആ ആത്മാവില്ലാതെ ഒരു ബാഹ്യപ്രകടനമെന്നുള്ള നിലയിൽ ഇതിലേക്ക് കൈനീട്ടാനായിട്ട് പാടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് അതെന്നുവരെ കർത്താവ് വരുവോളം സഭ ഈ നിലയിലാണ് നടക്കേണ്ടത് സഭ ഈ മരണത്തെ പ്രസ്താവിക്കുക ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ ക്രൂശിൻ്റെ വഴി ക്രൂശനുഭവത്തെ നിരന്തരം സഭ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതെന്ത് ചെയ്യുക അത് ഫലത്തിൽ കർത്താവിൻ്റെ മരണത്തെ തന്നെ പ്രസ്താവിക്കുക ചെയ്യുന്നു പ്രിയപ്പെട്ടവർ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകാതെ വളരെ ഇത്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഒരു കാര്യം മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ച ഒരു ഒരു കാര്യം മാത്രം നിങ്ങളുമായിട്ട് ഇതിനോട് ചേർന്ന് പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത് അതിന് ഉപോത്ബലമായിട്ട് കർത്താവിൻ്റെ കാ ക്രൂശിമരണത്തോടുള്ള ബന്ധത്തിലെ കർത്താവ് പറഞ്ഞ ഒരു വാക്യം നമുക്ക് നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ വാക്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം വാക്യം എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ ഇവരോട് ക്ഷമിക്കണമേ എന്നാ പറഞ്ഞു കർത്താവ് തന്നെ ക്രൂശിച്ചവർക്ക് തന്നെ പരിഹസിച്ചവർക്ക് തന്നെ നിന്ദിച്ചവർക്ക് തന്നെ ഒറ്റക്കൊടുത്തവർക്ക് ഒക്കെ ക്ഷമ നൽകി ക്ഷമ നൽകി ക്ഷമ നൽകി കണ്ടോ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് തന്നെ വഞ്ചിച്ച ആളുകൾക്ക് ക്ഷമ നൽകുന്നത് എളുപ്പമാണോ എളുപ്പമല്ല എളുപ്പമല്ല നമ്മളെ ഒറ്റിക്കൊടുത്ത ആളുകൾ നമ്മളെ ആരും കാണാതെ നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ പരിഹസിച്ച് പറഞ്ഞ ആളുകൾ നമ്മളോട് മോശമായി പെരുമാറിയ ആളുകൾ അങ്ങനെയുള്ള ആളുകളോട് അവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കേ ക്ഷമിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കേ ശ്രമിച്ച് നോക്കുമ്പോൾ അറിയാം അതൊരു മരണത്തെ തന്നെ പ്രസ്താവിക്കുക ആരുടെ മരണത്തെ നമ്മുടെ തന്നെ സ്വന്തം ഇഷ്ടത്തിൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം പല കാര്യങ്ങൾ ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ക്ഷമിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ഇന്നത്തെ നമ്മുടെ ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം നമ്മൾ എന്ത് വേണം കർത്താവ് ഇവരെ ഇവർക്ക് വേണ്ടി ഇവരെ തന്നെ ദ്രോഹിച്ച ആളുകളോട് അവർക്ക് ക്ഷമ നൽകി കർത്താവിനോട് ആരെങ്കിലും വന്ന് ക്ഷമ ചോദിച്ചോ നമ്മൾ ചിലർ പറയുകയല്ലേ എന്നോട് വന്ന് ക്ഷമ ചോദിച്ചാൽ ഞാൻ കൊടുക്കാം ഏ ക്ഷമ ചോദിച്ചോ വരട്ടെ ക്ഷമ ചോദിക്കട്ടെ ഞാൻ ഒന്ന് പക്ഷേ കർത്താവ് അങ്ങനാണെന്നോ ചെയ്തത് കർത്താവിൻ്റെ അടുത്ത് ഇവരാരെങ്കിലും വന്ന് ക്ഷമ ചോദിച്ചോ ഇല്ല കർത്താവ് ഏകപക്ഷീയമായിട്ടൊരു പ്രസ്താവന എന്താ പിതാവി ഇവരോട് ക്ഷമിക്കണേ എന്നങ്ങ് പറഞ്ഞു ക്ഷമിക്കണേ എന്ന് കർത്താവ് പറഞ്ഞപ്പം അതൊരു ഭംഗിവാക്കാണോ അല്ല കർത്താവ് ക്ഷമിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളോട് നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമിക്കുക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്നാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ അതിൻ്റെ ഒരു കയ്പോ പകയോ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ദൈവേഷ്ടമല്ല ദൈവേഷ്ഠമല്ല ഇതൊരു കൊച്ചു പ്രസ്താവനയാണ് പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ നോക്കുക എളുപ്പമാണോ നേരത്തെ ഒരേ ഒരാൾ ഇവിടെ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു സഹോദരനെ ഞാൻ ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഓർക്കാറുണ്ട് അദ്ദേഹം പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ജോലിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഇവിടെ വരുമായിരുന്നു അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു കൂട്ട് വരിക ഭാര്യയാണ് ഇവിടെ വരുന്നത് അദ്ദേഹം ഭാര്യയെ വണ്ടിയൊക്കെ ഓടിച്ച് വരുമ്പോൾ വരുമ്പോൾ പിന്നെ ഇവിടെ അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മൾ ചോദിച്ചു സൗര നിങ്ങളിവിടെ കുറേ ദിവസമായിട്ട് വരുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടോ അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഒരു സമാധാനവും ഇവിടെ വരുമ്പോൾ കിട്ടുന്നില്ല സത്യം പറയാം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളിവിടെ ക്ഷമിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഒക്കെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം തന്നെ എനിക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രയോഗം എനിക്കിട്ട് വേലവെച്ചവന്മാരെക്കുറിച്ചും എനിക്കിട്ട് പണിഞ്ഞ ആളുകളെ കുറിച്ചും ഉള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വരിക കയ്പിങ്ങനെ വരിക അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒട്ടും ഒരു നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് വരികയായിരുന്നു ഇതിൻ്റെ ഒന്ന് ഓർമ്മകൾ വരികേലായിരുന്നു ശരിയല്ലേ ശരിയല്ലേ നമ്മൾ സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും പറയുമ്പം തന്നെ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് കൊണ്ടുവരും നമ്മളെ ഉപദ്രവിച്ചു നമ്മളെ പരിഹസിച്ചവരും നമ്മളെ ആ നിലയിൽ മോശമായിട്ട് നമ്മളോട് ഇടപെട്ടവരുമായ ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടുവരാം ഇവിടെ ഇതാ കർത്താവിൻ്റെ കാര്യം വരും കർത്താവ് എന്താ ചെയ്തത് കർത്താവ് ആ കാൽവെ കൃഷി കിടക്കുമ്പം അവരോട് താൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചു കർത്താവിൻ്റെ അടുത്ത് വന്നവരാരും ഒരാൾ പോലും ക്ഷമ ചോദിച്ചില്ല എന്ന് തന്നെ ആ സമയത്തും അവരെ പരിഹസിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ കർത്താവ് താൻ തന്നെ ഏകപക്ഷീയമായിട്ട് താനെ ക്ഷമിച്ചു നമ്മളോടും പറഞ്ഞേക്കുന്നത് അങ്ങനെ ചെയ്യാൻ കൊലോസിർ കൈദ്യലേഖനം കൊലോസിർ കൈദ്യലേഖനം അതിൻ്റെ ഒന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ അതിൻ്റെ അവിടെ നമ്മൾ കർത്താവിനെപ്പോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെ കാണുന്നുണ്ടല്ലോ ആ ക്ഷമിക്കണം ഞാൻ എഫ് എ സർ കെഴുതിയ ലേഖനമാണ് എഫ് എ സർ കെഴുതിയ ലേഖനം അതിൻ്റെ നാലാമധ്യായത്തിൽ നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് എന്ത് വേണം അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിലുടെയും മനസ്സിലെയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി കണ്ടോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കണമെന്നുള്ളതാണ് കർത്താവ് ക്ഷമിച്ചു അതുപോലെ നമ്മളും ക്ഷമിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പം നമുക്ക് ഈ കാര്യത്തിൽ ഒരു ഒഴി കഴിവില്ല ഒരു ഒഴി കഴിവില്ല നമ്മളതുകൊണ്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം നമ്മൾ എന്തിനാണ് ക്ഷമിക്കുന്നത് ഒന്ന് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു രണ്ട് നമ്മൾ ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി തന്നെയാണ് മത്തായി എഴുത സുവിശേഷം ആറാമധ്യായം ആറാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ശ്രദ്ധിക്കുക മത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നി നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നമ്മൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും അവിടെ കൊണ്ട് നിർത്തിയില്ല പതിനഞ്ചാമത്തെ വാക്യം അതിനെ പിന്നെ അതിൻ്റെ മറുവശം പറയുക നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല ഇത് നമ്മൾ സത്യത്തിൽ ശ്രദ്ധിച്ചാൽ ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ധാരണയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇത് നമ്മുടെ ധാരണ എന്താ നമ്മൾ ദൈവം നമ്മളോട് ഒരു കാര്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ക്ഷമിച്ചു പിന്നെ അവിടുന്ന് രണ്ടാമതൊന്നും ഒന്ന് നോക്കിയിട്ട് ക്ഷമിക്കാതിരിക്കുന്ന ഒരു ഒരു കാര്യമില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ വാക്യം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല നമ്മൾ ഒരു ഇതിനോട് ചേർത്ത് നമുക്കിങ്ങനെ ചിന്തിക്കാം നമ്മൾ ഒരിക്കൽ ക്ഷമിച്ചത് പിന്നെയും നമ്മൾ ക്ഷമിക്കാതിരുന്നാലോ അന്നേരം ദൈവം നമ്മളോട് ഒരിക്കൽ ക്ഷമിച്ചത് രണ്ടാമത് ക്ഷമിക്കാതിരിക്കും ഞാൻ പറഞ്ഞത് വ്യക്തമായോ കർത്താവ് തന്നെ ഇത് വ്യക്തമാക്കാനായിട്ട് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് മത്തായി എഴുത സുശേഷം പതിനെട്ടിലാണ് ആ ഉപമ കാണുന്നത് മത്തായി എഴുത സുവിശേഷം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒടുവിലായിട്ട് ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ ആ ഒടുവിൽ കർത്താവ് സഹോദരൻ എത്ര എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം എന്ന പത്രോസ് ചോദിച്ചു അതിന് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കിയപ്പോൾ പതിനായിരം താലന്ത കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന് അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റക്കാടൻ തീർപ്പാൻ കൽപ്പിച്ചു കണ്ടോ അവൻ ന്യായമായിട്ട് യജമാനന് കൊടുത്തു തീർക്കേണ്ട പതിനായിരം താലന്തുണ്ടായിരുന്നു അതവൻ കൊടുത്ത് തീർത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അന്ന് അടിമ കച്ചവടമൊക്കെ നിലവിലിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവനെയും ഇവൻ്റെ ഭാര്യയെയും ഇവൻ്റെ മക്കളെയും പിന്നെ അവൻ എന്തെങ്കിലും വസ്തുവകയുണ്ടെങ്കിൽ അതും വിറ്റിട്ട് ഈ പതിനായിരം താലന്തെന്ന് പറയുന്ന ആ വലിയ തുക അത് വീട്ടണം എന്ന് യജമാനൻ കൽപ്പിച്ചു ഇതൊരു വലിയ തുകയാണ് ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന പതിനായിരം താലം തെന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് മില്യനാണ് അഞ്ഞൂറ് മില്യൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ദശലക്ഷം രൂപയാണ് അഞ്ഞൂറ് ദശലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് കോടി കടമാണ് ഈ ദാസൻ യജമാനന് കടപ്പെട്ടിരുന്നത് അൻപത് കോടി പതിനായിരം താലത്ത് അത് വീട്ടാൻ വേണ്ടി ഇവനെയും ഇവൻ്റെ ഭാര്യയെയും പിള്ളാരെയും ഇവൻ്റെ എല്ലാം വിറ്റാലും തികയേല എന്നാലും ഒന്ന് വിറ്റ് നോക്കുക എങ്ങനെ എങ്കിലും ഈ കടം വീട്ടാനായിട്ട് എന്ന് യജമാനൻ വിധിച്ചു ഉടനെ അവൻ എന്ത് ചെയ്തു ദാസൻ യജമാനോട് എന്നോട് ക്ഷമ തോന്നണമേന്ന് പറഞ്ഞു അപ്പോൾ ആ യജമാനൻ വളരെ മഹാമനസ്കഥയോടെ മനസ്സലിഞ്ഞ് അവൻ്റെ മുഴുവൻ കടവും ഇളച്ചു കൊടുത്തു വേണ്ട നിൻ്റെ പതിനായിരം താലം നീ തരണ്ട നിനക്ക് ഞാനത് ഇളച്ചു തന്നിരിക്കുന്നു നീ അത് തന്നതായിട്ട് ഞാനെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ളച്ചുകൊടുത്തു ഉടനെ ആ ദാസൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കാശ് കടം പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് അവനോട് തനിക്കുള്ള കടം തീർക്കാമെന്ന് പറഞ്ഞു അവനോടവൻ കരുണ കാണിച്ചില്ല അവനെ തടവിലാക്കി ഇത് യജമാനൻ അറിഞ്ഞപ്പോൾ യജമാനൻ എന്താ ചെയ്യുന്നത് മുപ്പത്തിനാല് മുപ്പത്തഞ്ചോ വാക്യങ്ങൾ അങ്ങനെ യജമാനൻ ഇവനെ വിളിപ്പിച്ചു യജമാനൻ കോപിച്ച് ഇവനോട് കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ണിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു മനസ്സിലായോ ആരെയായി ഏൽപ്പിച്ചത് താൻ ഒരിക്കൽ കടം ഇളച്ചു കൊടുത്തതാണ് പതിനായിരം താലം തിളച്ചു കൊടുത്തതാ പതിനായിരത്താലം തിളച്ചു കൊടുത്ത ആ യജമാനൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പല കാര്യങ്ങളും ക്ഷമിക്കാതിരിക്കുന്ന കണ്ടപ്പം താൻ നേരത്തെ അവന് കൊടുത്ത ക്ഷമ പിൻവലിച്ചു ക്ഷമ പിൻവലിച്ചു മറ്റായി സുവിശേഷത്തിലേക്ക് വരുമ്പം നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല ഒരു പക്ഷേ നേരത്തെ ക്ഷമിച്ചതാണെങ്കിൽ പോലും ആ ക്ഷമ പിൻവലിച്ച് ഇവിടെ ഇതാ ഈ ദാസനെ ദണ്ണിപ്പിക്കുന്നവരുടെ എന്നാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാതിരിക്കുന്നത് എത്ര വലിയ ഒരു വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ ദൈവം ക്ഷമിച്ചു ആ ക്ഷമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നാം നമുക്ക് നൂറ് വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്ന ഒരാളിനെ കണ്ടിട്ട് അവനോട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് നേരത്തെ തന്ന ക്ഷമ പിൻവലിക്കും എന്നാണ് ഈ കർത്താവ് പറഞ്ഞ ഉപമ വ്യക്തമാക്കുന്നത് അല്ലേ നേരത്തെ ഈ യജമാനൻ പതിനായിരം താലം തിളച്ചു കൊടുത്തതാ പൊക്കോ സാരമില്ല പൊക്കോ എന്ന് പറഞ്ഞ് നിനക്ക് ക്ഷമിച്ച് തന്നിരിക്കുന്നു ഇളച്ച് തന്നിരിക്കുന്നു നീ പൊക്കോ സമാധാനമായിട്ട് പൊക്കോന്നു പറഞ്ഞതാ ഒരിക്കലും ഇളച്ചു കൊടുത്തത് പിന്നെ സാധാരണഗതിയിൽ മാന്യന്മാർ ആരേലും പിന്നെ ആ കാര്യം ചോദിക്കുമോ ഇല്ല ആ ഞാൻ ഏതായാലും ഒരു വാക്ക് പറഞ്ഞതാണ് ഇളച്ചു കൊടുത്തു എന്ന് പറഞ്ഞതാണ് ഇനിയിപ്പോൾ അവനോട് ആ കാര്യം ഞാൻ ഇടപെടുകയില്ല എന്നാണ് സാധാരണ നമ്മൾ വിചാരിക്കുന്ന മാന്യന്മാരായ ആളുകളൊക്കെ അങ്ങനെയാണ് പക്ഷേ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ചിന്ത ഏറ്റവും മാന്യനായ ആൾ ദൈവമാണെന്നല്ലേ പക്ഷേ അതാ ഞാൻ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന് വിരുദ്ധമായ ഒരു കാര്യമായി ഇവിടെ കാണുന്നത് ദൈവം എന്തോ ചെയ്തു നേരത്തെ ക്ഷമിച്ചു കൊടുത്തതാണ് പക്ഷേ ആ ക്ഷമിച്ചു കൊടുത്ത് ക്ഷമ കിട്ടിയ ആള് തൻ്റെ കൂട്ടുകാരനോട് ക്ഷമ കൊടുക്കാതിരുന്നപ്പോൾ ദൈവം ഇവന് നേരത്തെ കൊടുത്ത ക്ഷമ പിൻവലിച്ചു പിൻവലിച്ചു അതാണിവിടെ പറയുന്നത് നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കഴിഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം കാരണം എന്താ കാരണം ഒരു പക്ഷേ തെയ്യോ നമ്മുടെ നമുക്ക് തന്ന ക്ഷമയെ തിരിച്ചെടുക്കാൻ ഇത് കാരണമായേക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൂട്ടുകാരനോട് ക്ഷമിക്കേണ്ടത് കൂട്ടുകാരൻ്റെ ആവശ്യമാണോ നമ്മുടെ ആവശ്യമാണോ നമ്മുടെ ആവശ്യമാണോ നമ്മുടെ ആവശ്യമാണോ പ്രധാനമായിട്ടും കാരണം നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ക്ഷമ പിൻവലിക്കുമെങ്കിൽ അയ്യോ നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഈ കാര്യത്തെ നമുക്ക് ഗൗരവത്തോടെ നോക്കാം നമുക്ക് വളരെ വേഗത്തിൽ ക്ഷമ ക്ഷമിച്ച് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് ക്ഷമിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ ഒരു ആവശ്യമാണെന്ന് കാണിക്കുന്ന രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം എഫ് എസ് എസ് കെ തി ലേഖനത്തിൽ നമ്മൾ മുമ്പേ വായിച്ച അതിനോടുള്ള ആ ക്ഷമയെക്കുറിച്ച് പറയുന്ന ആ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി വാക്യം പിശാചിന് ഇടം കൊടുക്കരുത് അവിടെ കണ്ടോ ആ അധ്യായം ആ പാരഗ്രാഫ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ കൂട്ടുകാരനോട് ദേഷ്യപ്പെടുന്നതും കോപിക്കുന്നതും അവനോട് ആ നിലയിൽ ഇടറുന്നതും അവനോട് ക്ഷമിക്കാതിരിക്കുന്നതും ഒക്കെയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് അത് പൂർത്തീകരിക്കുമ്പം പൂർത്തീകരിച്ച് അവസാനത്തിൽ ദൈവം ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പി എന്ന് അങ്ങ് അവസാനിപ്പിക്കുമ്പം ആദ്യത്തെ ആ കോപവും ആദ്യത്തെ കൂട്ടുകാരനോട് കോപിച്ചതും ദേഷ്യപ്പെട്ടതും ഒക്കെ ഏതിൻ്റെ ഭാഗമായിട്ടാണ് അവനോട് ക്ഷമിക്കാനൊക്കാത്ത ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ ഇരുപത്തിയാറിൽ ആ കാര്യം പറഞ്ഞിട്ട് ഇരുപത്തേഴിൽ പറയുന്ന കണ്ടോ പിശാചിന് ഇടം കൊടുക്കരുത് അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ ചേർത്ത് ഇങ്ങനെ ചിന്തിക്കാം നമ്മൾ ക്ഷമ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുമ്പം നമ്മൾ ഫലത്തിൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നുകൊടുക്കുക പിശാചിന് ജീവിതത്തിൽ ഒരിടം കൊടുക്കുക നമ്മുടെ ഉള്ളിൽ ഒരാളോടൊരു ഒരു ക്ഷമിക്കാത്ത ഒരു മനോഭാവം ക്ഷമിക്കാത്ത ഇപ്പം നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുക നിങ്ങൾ ക്ഷമിച്ചോ അയ്യോ ഞാനതൊക്കെ എന്നെ ക്ഷമിച്ചതാ എന്ന് നമ്മൾ പറയും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ ഇപ്പോഴാ കാര്യം ഓർക്കുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കയ്പ്പും പകയും പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് എന്താ അത് കാണിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അത് കാണിക്കുന്നത് അങ്ങനെ അത് കാണിക്കുമ്പോൾ ഈ ക്ഷമിക്കാത്ത മനോഭാവം പിശാജിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം നൽകുകയാണെന്നും നമ്മൾ കണ്ടെത്തണം പിശാജിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം ഉണ്ടെന്നിരിക്കട്ടെ അത് അവനെന്താ ചെയ്യും അവനെന്താ അവൻ മോഷ്ടിപ്പാൻ അറുപ്പാനും മുടിപ്പാനും ഉള്ളവനാണ് പിശാജ് അവന് ഒരു ഇടം കൊടുത്താൽ അവൻ എന്തോ ചെയ്യും അവിടം മുടിച്ചേ പോവുകയുള്ളു പല സംശയമുണ്ടോ അവൻ്റെ പേര് തന്നെ അങ്ങനെ അറുപ്പാനും മുടിപ്പാനും വന്നിരിക്കുന്നവനാ കർത്താവ് തന്നെ പറഞ്ഞു ഏ മുടിപ്പാൻ വന്നിരിക്കുന്നവനാണ് അപ്പം അവന് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ മനോഭാവത്തിൽ ഒരു ഇടം കൊടുക്കരുത് ഇടം കൊടുത്താൽ അവനത് നശിപ്പിക്കും ഇല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരു ഒരു നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കള്ളൻ നമ്മൾ വീടെല്ലാം അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്ക് കള്ളം വന്നിട്ട് പറയുക ഞാൻ ഒരു അടുക്കളയുടെ വാതിലൊന്ന് തുറന്ന് തന്നാൽ മതി ഞാൻ അവിടെ ഒന്ന് തല ചായ ഞാൻ അങ്ങ് പൊക്കോളാം അത് നമ്മൾ വിചാരിക്കുക കള്ളന കള്ളനാണ് എന്നാലും ഈ ശ്രീമാൻ കള്ളന് നമുക്ക് ഒരു കാര്യം ചെയ്യാം അടുക്കളയിൽ അയാളൊന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ വാതലൊന്ന് തുറന്നുകൊടുത്താൽ അദ്ദേഹം പായൊക്കെ ഇട്ടവിടെ കിടക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോയത് പക്ഷേ നേരം വിളുക്കുമ്പം വീട്ടിലെ എന്തെങ്കിലും സാധനം ബാക്കി കാണുമോ ഉണ്ടാകുകയില്ല കാര്യം കള്ളനിടം കൊടുത്താൽ അവൻ അറുപ്പാനും മുടിപ്പാനും വന്നത് പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്തണം നമ്മുടെ ജീവിതത്തിൽ ഒരു മനോഭാവത്തിൽ അവനൊരു അവകാശം പറയാനിടയാകരുത് നമ്മിലൊരു കയ്പുണ്ടെങ്കിൽ നമ്മളൊരു ക്ഷമിക്കാത്ത മനോഭാവം ഉണ്ടെങ്കിൽ പിശാജ് അത് ക്ലെയിം ചെയ്യും അവൻ പറയും ക്ഷമിക്കാത്ത കാര്യവും കയ്പ്പും പകയും ശത്രുതയും ഒക്കെ ആരുടേതാ എൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ അകത്ത് എനിക്കൊരു അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അവൻ കയറി കൈയടക്കുമ്പം നമുക്കൊന്നും പറയാനില്ല അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ നിലയിലുള്ള ക്ഷമിക്കാത്ത മനോഭാവത്തെ പുറത്തു കളയുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ നമ്മൾ എഫ് എസ് എ ലേഖനം അതിൻ്റെ നാലാമധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം കാണാം അവിടെ എന്ത് കാണുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവിനെ ദുഃഖിപ്പിക്കരുത് കണ്ടോ നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ നമ്മൾ പകയും കോപവും വെച്ചുകൊണ്ടിരുന്നാൽ ഒന്ന് പിശാചിന് ഇടം കൊടുക്കുക രണ്ട് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുക ചെയ്യുന്നത് മാത്രമോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്ന ആ ക്ഷമയെ അവിടുന്ന് പിൻവലിക്കുകയും ചെയ്യും ഇത്രയും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് ക്ഷമിക്കുന്നത് ആർക്കു വേണ്ടിയാ അല്ല നമുക്ക് വേണ്ടിയാ ഒന്നാമത് നമുക്ക് വേണ്ടി തന്നെ കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം എനിക്ക് നേരത്തെ തന്ന ക്ഷമ പിൻവലിക്കും രണ്ട് പിശാചിന് എൻ്റെ ജീവിതത്തിൽ ഇടവുണ്ടാകും മൂന്ന് എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കും പരിശുദ്ധാത്മാവിനെ നിരന്തരം ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്തു പറ്റും പരിശുദ്ധാത്മാവ് ഒടുവിൽ വേദനയോടെ നമ്മളെ വിട്ടു പോകും കണ്ടോ അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ ഈ കാര്യത്തെ അത്ര ഗൗരവത്തോടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവ് ചെയ്തതുപോലെ കർത്താവ് മറ്റൊരാൾ വന്ന് ഇവരെ ക്രൂശിച്ച ആളുകൾ വന്ന് ക്ഷമ ചോദിക്കാനായിട്ട് കാത്തിരുന്നില്ല കർത്താവിൻ്റെ ഇതു കർത്താവ് തന്നെ ഏകപക്ഷീയമായിട്ട് ക്ഷമ കൊടുത്തു ക്ഷമ കൊടുത്തപ്പം യുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിനാലിൽ കണ്ടോ കർത്താവ് അവർക്ക് ക്ഷമ കൊടുത്തു ക്ഷമ കൊടുത്തപ്പം കർത്താവ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണേ എന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട് കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞത് കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞത് ഇവരെ അറിയാതെ ചെയ്തതാന്ന് ഇട ഇസ്കരിയോത്തായൂതാ മുപ്പത് വെള്ളിക്കാശും വാങ്ങിച്ചു പോക്കറ്റിൽ ഇട്ടേച്ചാൽ അതെല്ലാം തൊട്ട് എണ്ണി തുപ്പലൊക്കെ തൊട്ട് എണ്ണി നോക്കി മുപ്പത് വെള്ളിക്കാശ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കീശയെ താത്തിട്ടാണ് ഇദ്ദേഹം പോയി ഒറ്റ കൊടുത്തത് എന്നിട്ട് കർത്താവ് അറിയുക അവനറിയാതെ ചെയ്ത അറിയാതെ ചെയ്ത് അല്ലെങ്കിൽ ഇവർ പടയാളി കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തി മറ്റൊരാൾ പരിഹസിച്ചു ഇതെല്ലാം ചെയ്തപ്പം കർത്താവ് അവർക്കൊരു അലവൻസ് കൊടുക്കുക ഇവർ അറിയാതെ ചെയ്തതാണ് എന്ന് പറയുക അത് ശരിയാണോ കർത്താവ് അതൊരു നമ്മളൊരു നല്ല ഒരാൾക്ക് ക്ഷമ കൊടുക്കാൻ വേണ്ടി നമ്മളില്ലാത്ത ഒരു കാര്യം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കാവട്ടമില്ലേ കർത്താവ് അങ്ങനെ ചെയ്യാമായിരുന്നു പ്രിയപ്പെട്ടവർ എന്തിനാണ് നമ്മളിതെല്ലാം ഈ തലനാരിയിലെ കീറി ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത് ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കാണുമ്പോൾ ഇതിന് ഇതിനെക്കുറിച്ചൊരു വ്യക്തത നൽകുന്ന ഒരു വാക്യം ഒന്ന് കൊരിന്തിയർ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കൊരിന്തിയർ രണ്ടാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു കണ്ടോ ഈ വാക്യം എന്താ പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ കർത്താവിനെ ക്രൂശിച്ചു പക്ഷേ അത് അവർക്കുണ്ടാക്കുന്ന അവർക്ക് നിത്യതയിൽ വരുത്തുന്ന ഒരു കേടിനെക്കുറിച്ച് അവർക്കെന്തില്ലായിരുന്നു അവർക്കൊരു അറിവില്ലായിരുന്നു ഒരു ഗ്രാഹ്യമില്ലായിരുന്നു ആ ഗ്രാഹ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യയില്ലായിരുന്നു തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു അവർ അന്നേരെ കണ്ട ചില കാര്യങ്ങൾ വെച്ചിട്ട് ചില കണക്കൂട്ടലുകൾ നടത്തി ചില നിഗമനങ്ങളിലെത്തി നിസ്കരിയോ തയ്യൂത ഏതായാലും വെറു നാളെ ഇവനെ ക്രൂശിക്കും ഇപ്പം ഇച്ചിരി കാശ് കിട്ടിയാൽ അത് നമ്മുടെ കയ്യിലിരിക്കും എന്നൊന്ന് കണക്കുകൂട്ടി ഇത് വാങ്ങിച്ചു പക്ഷെ അത് നിത്യതയിൽ തനിക്കുണ്ടാക്കുന്ന ആ കേട് അതിനെക്കുറിച്ച് വല്ല ബോധ്യവും യുസ്ക്രിയോത്തായുതയ്ക്കുണ്ടായിരുന്നു ഇത് വാങ്ങിച്ചതോടെ താൻ ചെയ്യാൻ പോവുക ഒരു കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുക്കുകയാണ് അതിൻ്റെ മനസാക്ഷി മനസാക്ഷിയിലുള്ള കുറ്റപ്പെടുത്തൽ നിരന്തരം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് തന്നല്ല ഈ മനസ്സാക്ഷിയുടെ കുറ്റപ്പെടുത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ മതത്തെ ചെന്ന് ആശ്രയിക്കും പുരോഹിതന്മാരുടെ അടുത്ത് ചെല്ലും മതം മുമ്പാകെ കൈമലർത്തും നിൻ്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ടൊക്കെയില്ല നീ എന്താ കാര്യമെന്ന് വെച്ചാൽ നീ നിൻ്റെ കാര്യം നോക്കിക്കോ എന്ന അവനോട് പറയും എന്നിട്ട് അവൻ എന്തു ചെയ്യും അവസാനം ആ മനസാക്ഷി കുത്ത് സഹിക്കാനൊക്കാതെ അവനെന്ത് ചെയ്യും തൂങ്ങിച്ചത്ത് അവൻ താഴെ വീണ് ഇവിടെ തന്നെ അവൻ്റെ അന്ത്യം അത് കഴിഞ്ഞോ നിത്യതയിലോ നിത്യതയിൽ നിത്യതയിൽ അവൻ്റെ രക്ഷ എന്ന നീക്കുമായിട്ട് നഷ്ടപ്പെട്ടു ഓ മഹാകവി കെ വി സൈമൺ സാർ മനോഹരമായ ചില പാട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ പാടുന്ന പാട്ടുകളല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നരകവർണ്ണനയുണ്ട് ഏ നരകവർണ്ണനയുണ്ട് ആ നരകവർണ്ണനയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു കവിയായിരുന്നല്ലോ മഹാകവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഭാവനയാണ് എങ്കിലും അദ്ദേഹം ഈ നരകത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ കവിതയിലെ പഴയ ബ്രദറൻ സൗന്മാരുടെ പാട്ടുപുസ്തകം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആ പാട്ട് കാണും അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ നരകത്തിലെല്ലാവരും കൂടെ കിടന്ന് ഇങ്ങനെ കടികൊണ്ടും തീയവെന്തും ഒക്കെ ഇങ്ങനെ കിടക്കുക കിടക്കുമ്പോൾ അവിടെ കിടന്ന് അവർ തമ്മിൽ ചില സംസാരം അപ്പോൾ ഒരാൾ ചോദിക്കുന്നു ഇസ്കരിയോത്ത യൂത ഇന്ത്യ അപ്പോൾ പറഞ്ഞു അടിയൻ ഇതിൻ്റെ അടിയിലുണ്ട് എന്ന് വെച്ചാൽ മറുപടി ഇവിടുന്ന ഈ നരകത്തിൻ്റെ അടിത്തട്ടിന്ന് അടിത്തട്ടിന്ന് ഇസ്കരിയോത്ത യുദ്ധ മറുപടി പറയുന്നു എന്നാണ് മഹാകവി കെ വി സേവൻ സാറിൻ്റെ ഭാവന ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ മുപ്പത് വെള്ളിക്കാശ് ഇത് വാങ്ങുമ്പം ഇത് ഇവൻ്റെ ഇവൻ്റെ സ്വാഭാവിക ജീവിതത്തിലും നിത്യതയിലും വരുത്തുന്ന നഷ്ടത്തെക്കുറിച്ച് ഇവൻ യഥാർത്ഥത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നോ മനസ്സിലാക്കിയിരുന്നില്ല മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനെന്ത് ചെയ്യില്ലായിരുന്നു തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കാൻ കൂട്ടുനിൽക്കില്ലായിരുന്നു അതുപോലെ തന്നെ കർത്താവിനെ ക്രൂശിച്ച ഈ ലോകത്തിൻ്റെ പ്രമുഖന്മാർ ഹന്നാവും കയ്യപ്പവും അവരൊക്കെ ഇവിടെ പ്രഭുഖന്മാരെ പോലെ വാണവരാണ് അല്ലെങ്കിൽ ഹേരോദാവ് ഇവരൊക്കെയോ ഹേരോദാവിൻ്റെ ഹേരോദാവ് കർത്താവിനെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ പരിഹസിച്ച് തിരിച്ച് പീലാത്തോസിൻ്റെ അടുത്ത് വിട്ടു പീലാത്തോസ് ഇവരൊക്കെ പ്രഭുക്കന്മാരായിരുന്നു പക്ഷേ എന്ത് എന്ത് സംഭവിച്ചു അവർക്കിതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായില്ല വേണ്ടതുപോലെ മനസ്സിലായില്ല അതുകൊണ്ട് അതറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു ഈ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാവണം കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ കർത്താവ് പറയുക ഞാനിവരോട് ക്ഷമിക്കുന്നു കാരണം എന്താ ഇവർ ഇതിൻ്റെ ഇത് ഇത് അവർക്ക് നിത്യതയിൽ നൽകുന്ന നഷ്ടത്തെക്കുറിച്ച് അവർ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ സത്യത്തിൽ അറിഞ്ഞില്ല അറിഞ്ഞില്ല അറിഞ്ഞില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ പ്രിയപ്പെട്ടവര് നമുക്കും നമുക്ക് ആളുകൾക്ക് ക്ഷമ കൊടുക്കുന്നതാണല്ലോ നമ്മുടെ പ്രശ്നം നമുക്കും ഇത് കർത്താവിൽ നിന്ന് അനുകരിക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്നുവെച്ചാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ചില ആളുകൾ അവർ യഥാർത്ഥത്തിൽ ബോധപൂർവം നമ്മളെ ഉപദ്രവിച്ചെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പ്രയാസം എന്നാൽ അവർക്ക് വേണ്ട പോലെ അറിയാതെ ചെയ്തതാ എന്ന് കണ്ടാലോ ക്ഷമിക്കാൻ താരതമ്യേന നമുക്ക് എളുപ്പമായിരിക്കും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കഥ ഓർക്കുന്നുണ്ട് ഒരാൾ ഒരാൾ ഒരു ബോട്ടുമായിട്ട് പോവുകയാണ് ഞാനിത് കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല ബോട്ടുമായിട്ട് ഒരു കായലിൽ ഇവിടെ പോവുക അദ്ദേഹം തൻ്റെ കായലിലൂടെ ഇങ്ങനെ പോകുമ്പം ഉണ്ട് വേറൊരു ബോട്ട് തൻ്റെ അടുത്തേക്ക് വരുന്നു ഇതിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഈ ബോട്ട് വന്ന് തൻ്റെ ബോട്ടയിൽ ഇടിക്കും എന്ന് ഈ ആദ്യത്തെ ആളിന് തോന്നി അദ്ദേഹം എന്തു ചെയ്തു ഈ രണ്ടാമത്തെ ബോട്ടിനൊരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഉച്ചത്തിൽ ഹോൺ മുഴക്കി അതുപോലെ ലൈറ്റ് ഇട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഈ രണ്ടാമത്തെ ബോട്ട് വന്ന് ആദ്യത്തെ ബോട്ടിൽ ഇടിച്ചു ഇടികിട്ടിയപ്പം ഈ ബോട്ടുകാരന് വലിയ വിഷമമായി രണ്ടാമത്തെ ബോട്ടുകാരനോട് വലിയ വൈരാഗ്യമായി ആ ഇവൻ ഇവൻ എന്താ ചെയ്തു ഇവന് അവൻ്റെ വഴിക്ക് പോകേണ്ടതിന് പകരം എൻ്റെ വഴിക്ക് വന്ന് എൻ്റെ വണ്ടിയെ കയറി ഇടിച്ചു എൻ്റെ വണ്ടിയെ കയറി ഇടിച്ചു വണ്ടിയിൽ ഇടിക്കുന്ന ഇവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തോ ചെയ്തു ഞാൻ ഹോണടിച്ചതാ ഞാൻ ഹോണടിച്ചതാ ലൈറ്റ് ഇട്ടതാ ഹോൺ നിരന്തരം ഞെക്കിക്കൊണ്ടിരുന്നതാണ് പ്രിയപ്പെട്ടവരെ ബോട്ടിൻ്റെ കാര്യം പോട്ട് കരയിൽ ഓടിക്കുന്ന കാർ ഓടിക്കുന്ന പല പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചില വണ്ടിയുടെ വരുവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പ്രശ്നമാണെന്നറിയാം നമ്മൾ നമ്മളെ കൊണ്ടാകുന്നതെല്ലാം നോക്കി പരമാവധി ഇടത്തോട്ടൊഴിച്ചു ലൈറ്റ് ഇട്ട് കാണിച്ചു ഹോണടിച്ചു ഹോണെ ഞെക്കിപ്പിടിച്ചു സ്പീഡ് കുറച്ചു എന്നിട്ടും വന്നിടിച്ചു എന്നിട്ടും വന്നിടിച്ചു വൈരാഗ്യം തോന്നാതിരിക്കുമോ ക്ഷമിക്കണം ക്ഷമിക്കണമെന്നൊക്കെ ബ്രദറിന് പുൽപ്പിറ്റതെന്ന് പറയാം പക്ഷേ ഞങ്ങളുടെ റോഡിലെ അനുഭവം ഞങ്ങളോട് മറ്റൊന്നാണ് പറയുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവർ നമുക്ക് കഥയിലേക്ക് വരാം ഈ ബോട്ടുകാരൻ എന്തു ചെയ്തു അദ്ദേഹത്തിന് മറ്റേ ആളിനോട് വൈരാഗ്യമായി തൻ്റെ ബോട്ടെ വന്നിടിച്ചേച്ചാണ്ടവൻ പോന്നു ഇവനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഈ ബോട്ടുകാരൻ അവൻ്റെ പുറകെ പോയി നിങ്ങളാരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ നമ്മുടെ വണ്ടിയിൽ ഒന്ന് ഒരസി പോയ സ്കൂട്ടറുകാരൻ്റെ പുറകെ വിട്ട് പോയിട്ടുണ്ടോ ആ ഈ ബോട്ടുകാരൻ അങ്ങനെ പോയി പോയി ചെന്ന് അവനെ എങ്ങനെയെങ്കിലും പിടികൂടി അവനോട് ഇതിന് രണ്ട് ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചാൽ ചെന്ന് ആ ബോട്ടിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അത്ഭുതകരമായ ഒരു കാര്യം കണ്ടത് എന്താ ആ ബോട്ട് ഓടിക്കുന്ന അതിന് അതിൻ്റെ സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ ഒരാളില്ല ഒരു ട്രൈവർ ഇല്ല ഡ്രൈവർ ഇല്ല ഡ്രൈവർ ഇല്ലാത്ത ഒരു ബോട്ട് എവിടെയോ കിടന്ന ഒരു ബോട്ട് ഓളത്തിൽ ചാഞ്ചാടി ചാഞ്ചാടി വന്ന് തൻ്റെ ബോട്ടിൽ ഇടിച്ചതേ ഉള്ളൂ ഇതിന് നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവറില്ല ഈ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ ഒരു വ്യക്തിയില്ല ഈ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആളിനെന്തായി അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം പോയി കാര്യം ഞാൻ ഈ ബോട്ടിനോട് ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇതിനെന്തില്ല ഈ ബോട്ടിന് ഞാൻ എത്ര ഹോൺ അടിച്ചാലും തിരിച്ചറിവില്ല എത്ര ലൈറ്റ് ഇട്ട് കാണിച്ചാലും ബോട്ടിന് മനസ്സിലാകുകയില്ല ഈ ബോട്ട് കായലിൽ എവിടെയോ ദൂരേം കണ്ട് കെട്ടിയിട്ടിരുന്നതാണ് അത് കയറഴിഞ്ഞ് ഈ വെള്ളത്തിൽ ചാഞ്ചാടി ചാഞ്ചാടി ഇങ്ങനെ വന്ന് എൻ്റെ ബോട്ടിനെ വന്ന് ഇടിച്ചു ഞാൻ വിചാരിച്ചത് ഇത് ഓടിക്കുന്ന ഒരാൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ലൈറ്റ് ഇട്ടതും ഹോണടിച്ചതും പക്ഷെ അങ്ങനെ ഒരു ഡ്രൈവർ ഇല്ല ഡ്രൈവർ ഇല്ലാത്ത ബോട്ട് വന്ന് എന്നെ ഇടിച്ചതിന് ഞാൻ ഇനിയിപ്പോൾ ഈ ബോട്ടിനോട് എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം അലിഞ്ഞു പോയി അലിഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പല ആളുകളും ഈ ബോട്ട് പോലെ ഓളത്തിൽ ഇങ്ങനെ ചാഞ്ചാടി വരുന്നതാണ് ഓളത്തിൽ ചാഞ്ചാടി വരുന്നതാ അതിന് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിയറിംഗ് വീല് നിയന്ത്രിക്കാൻ നമുക്കുള്ളതുപോലെ ഒരു ഉടയവനില്ല അവർക്കൊരു മാസ്റ്റർ ഇല്ല അവർ ഉണ്ട് അവർ ഇങ്ങനെയൊക്കെ ഇറങ്ങിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ആ നിലയിൽ ഒരു ഡ്രൈവർ ഇല്ലാത്ത ബോട്ട് പോലെയാണ് പല ജീവിതങ്ങളും ഞാൻ രാത്രി പന്ത്രണ്ട് മണിയടുത്ത് വണ്ടി ഓടിച്ചു ആൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ രാത്രി അസമയൊക്കെ ആകുമ്പോൾ ഇവിടെ ബാർ ഹോട്ടലിൽ നിന്നൊക്കെ അവിടുത്തെ ആളുകൾ ആ ഇനി മോനെ ഇത്രയൊക്കെ ആയില്ലോ പന്ത്രണ്ട് മണിയായി ഇനി പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ചില ചെറുപ്പക്കാരെ ഇറക്കി വിടും അവർ വണ്ടിയിലോട്ട് കയറി അവർക്കവിടെ തന്നെ തുടരാൻ ആ താല്പര്യം പക്ഷേ ഈ ബാർമാൻ വീട്ടിൽ പോകേണ്ട അദ്ദേഹത്തിന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു പന്ത്രണ്ട് മണിയൊക്കെ എടുക്കുമ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് പുറത്തിറക്കും കാര്യം എന്നിട്ട് വേണം ഇദ്ദേഹത്തിന് ഇത് അടച്ചിട്ടേച്ച് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം റോഡിലിറങ്ങും അവർ പിന്നെ ഒരു വരവാണ് വരവാണ് അങ്ങനെ ചിലർ വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ കഥയെ ആവർത്തിച്ചോർക്കും എന്താ ചാഞ്ചാടി ചാഞ്ചാടി വരിക പക്ഷേ ഇതെന്തില്ല ഒരോടമയില്ല ഉടമയില്ല ഉടമയില്ലാത്ത ഡ്രൈവർ ഇല്ലാത്ത ഈ ബൈക്കിനോട് ഈ ബോട്ടിനോട് ഈ വണ്ടിയോട് ഞാൻ എന്തിനാ ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഇവൻ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ പ്രിയ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ നമുക്ക് ക്ഷമിച്ചു കൊടുക്കരുതോ ക്ഷമിച്ച് കൊടുക്കാം പലതും നമ്മൾ കാണുമ്പോൾ ആ നിലയിൽ നമുക്ക് കണ്ട അതിൻ്റെ സാധ്യതകൾ നമുക്ക് ഈ നിലയിൽ കാണാൻ കഴിയും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം നമ്മൾ വായിച്ച എഫ് എ സി ലേഖനത്തിലെ നാലാമധ്യായം അവസാനിക്കുമ്പോൾ അവസാനിക്കുന്നതിങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി ദൈവം എങ്ങനെയാണ് ക്ഷമിച്ചത് ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാണ് പറഞ്ഞത് കർത്താവ് ക്ഷമിച്ച ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് എന്താ കണ്ടത് അവർക്ക് ഒരു അലവൻസ് കൊടുത്തു അവരെ അറിയാതെ ചെയ്തതാണ് നിത്യതയിൽ അത് അവർക്കുണ്ടാക്കുന്ന പ്രശ്നം അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് ഇളച്ചു കൊടുക്കുന്നത് താരതമ്യേന എളുപ്പമാകും നമുക്കും ആ ഒരു മാതൃക കർത്താവിൻ്റെ ആ ഒരു മാതൃക പിൻപറ്റാം ഇവിടെ രണ്ടാമത് കാണുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ് പിതാവിൻ്റെ കാര്യം പിതാവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പിതാവ് എങ്ങനെയാണ് ക്ഷമിച്ചത് നമ്മൾ എബ്രാഹിം ലേഖനം ഇപ്പോൾ സ്ഥിരമായിട്ട് പഠിക്കുന്നുണ്ട് നമ്മളവിടെ രണ്ട് വാക്യങ്ങൾ എപ്പോഴും ഓർക്കും എന്താ ദൈവം ക്ഷമിക്കുക മാത്രമല്ല ദൈവം എന്തോ ചെയ്യും മറക്കുകയും ചെയ്യും എബ്രാഹിം എട്ടിൻ്റെ പന്ത്രണ്ടും പത്തിൻ്റെ പതിനേഴുമാണ് ദൈവം ക്ഷമിച്ചാൽ ദൈവം എന്തു മറക്കും നമ്മളോ നമ്മൾ ക്ഷമിച്ചു പക്ഷേ നമ്മൾ മറക്കുന്നുണ്ടോ ദൈവത്തെപ്പോലെ ദൈവം ചെയ്തതുപോലെ ക്ഷമിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ മറക്കാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മറക്കാൻ ഒക്കാത്തത് ഗലാത്തീർ എഴുതിയ ലേഖനത്തിൽ ഗലാത്തിർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാമധ്യായം അഞ്ചാമധ്യായ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ വിട്ട് പറയുന്നുണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദവിക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വിളിവാകുന്നു ഇവിടെ ഈ പറയുന്ന പ്രവർത്തികൾ ഈ പറയുന്ന പ്രവർത്തികളെ നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിൽ തിരിക്കാം മൂന്നായിട്ട് തിരിക്കാം ആത്മാവിൽ നിന്ന് ദൈവത്തിനെതിരെ ഉള്ള പ്രവർത്തികൾ അതാണ് വിഗ്രഹാരാധനയും ആഭിചാരവും വിഗ്രഹാരാധന നടത്തുന്ന ഒരാൾ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് ദൈവത്തിനെതിരെയാണ് അവൻ്റെ ആത്മാവിൽ തന്നെയാണ് ഇററുള്ളത് ആഭിചാരം ആഭിചാരം മറ്റ് ആ ദൈവങ്ങൾക്ക് ആ നിലയിൽ കൈക്കൂലി കൊടുത്ത് തൻ്റെ ചില കാര്യങ്ങൾ നേടുക തൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള ആഭിചാരം അവിടെയും എന്താ ആത്മാവിലുള്ള ദൈവത്തിനെതിരെയാണ് ആ രണ്ട് കാര്യങ്ങൾ മറ്റ് വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് കാണുന്നു ദുർനടപ്പ് അശ്വതി ദുഷ്കാമം മദ്യപാനം വെറു കണ്ടോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം മദ്യപാനം വെറു ഈ അഞ്ചുകൂട്ടം കാര്യങ്ങൾ ഇവിടെ വരുന്നത് ഈ അഞ്ചുകൂട്ടം കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ജഡത്തിൻ്റെ സുഖാന്വേഷണത്തിൽ പെടുന്നതാണ് ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും മദ്യപാനവും വെറിക്കൂത്തും ഒക്കെ ഈ അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നത് ജഡത്തിൽ നിന്ന് വരുന്ന ഉയർന്നു വരുന്നത് എന്നാൽ മൂന്നാമത്തെ സെറ്റ് കണ്ടോ മൂന്നാമത്തെ വിഭാഗം അത് നമുക്കിങ്ങനെ പറയാം പക പിണക്കം ജാരശങ്ക എന്താ ജാരശങ്കയെന്ന് ചിലർക്ക് സംശയമുണ്ടാകാം ഒരു തരത്തിലുള്ള എൻ വി ആണ് സംശയമാണ് ജീവിത പങ്കാളികളൊക്കെ തമ്മിലുള്ള സംശയമെന്നോ അതുപോലെ അസൂയയെന്നോ എന്തെങ്കിലും പറയാം അപ്പോൾ പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വഗ്നപക്ഷം ഭിന്നത അസൂയ എട്ടുകൂട്ടം കാര്യങ്ങൾ ഈ എട്ടുകൂട്ടം കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാ നമ്മുടെ ദേഹീയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് കാര്യങ്ങളുള്ള ആളുകളാണല്ലോ നമ്മുടെ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില തിന്മകളുണ്ട് ആ തിന്മകൾ അഞ്ചുകൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞു ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും മദ്യപാനവും വെറിക്കൂത്തും നമ്മുടെ ദേഹം ജഡത്തിൽ നിന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ആത്മാവിൽ നിന്ന് ഉള്ളതാണ് വിഗ്രഹാരാധനയും ആ വിചാരവും എന്നാൽ നമ്മുടെ ദേഹി ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരവും വികാരവും വിചാരമെന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്ന ആ ആ കപ്പാസിറ്റി ആ ആ കാര്യം വികാരമെന്ന് പറഞ്ഞാലോ ആ അതിൻ്റെ വൈകാരികത ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞ എട്ടുകൂട്ടം കാര്യങ്ങൾ പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദുഗ്നപക്ഷം ഭിന്നത അസൂയ ഇത് കണ്ടോ ഈ പറഞ്ഞ എട്ടുകൂട്ടം കാര്യങ്ങളും നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തിലുള്ളതാണ് മറ്റൊരാളോടാണ് നമുക്ക് പക തോന്നുന്നത് മറ്റൊരാളോടാണ് പണക്കം തോന്നുന്നത് ജീവിത പങ്കാളിയോടാണ് ജാരശങ്ക തോന്നുന്നത് മറ്റൊരാളോടാണ് ക്രോധം വരുന്നത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടണമെന്ന് മറ്റൊരാളിൽ നിന്ന് കിട്ടണമെന്നുള്ള ശാഠ്യം വരുന്നത് ദഗ്നപക്ഷം ഭക്ഷണം തിരിഞ്ഞു നിൽക്കുന്നത് ഭിന്നത അസൂയ ഇതെല്ലാം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ നിന്നും വികാരത്തിൽ നിന്നും വരുന്ന കാര്യങ്ങൾ കണ്ടോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു മൂന്നായിട്ട് തിരിച്ച് പകയും പിണക്കവും ജാരിശങ്കയും ക്രോധവും ചാട്ട്യവും ദക്ഷവും ഭിന്നതയും അസൂയയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ വികാരത്തിൽ നിന്നും വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നം ഏത് ഭാഗമാണ് നമ്മുടെ ഏത് ഘടകമാണ് വളരെ സജീവമായിട്ടിരിക്കുന്നത് മനസ്സാണ് വണ്ടിയൊക്കെ ഓടിച്ചാണ് പോകുന്നത് ടൗണിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചാണ് പോകുന്നത് പക്ഷേ മനസ്സ് നൂറ് ഡിഗ്രി നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഏതാണ്ടോട്ടൊക്കെ അങ്ങ് ആലോചിച്ച് അങ്ങ് പോവുക മറ്റേതാണ്ടെല്ലാം ആലോചിച്ച് പോവുക മനസ്സൊരു നിമിഷം പോലും വെറുതെയിരിക്കുന്നില്ല വികാരത്തിൽ എപ്പോഴെങ്കിലും വ്രണപ്പെട്ടു ഒരാൾ പറഞ്ഞു ഒരു വാക്കിൻ്റെ പേരിൽ വികാരത്തെ വ്രണപ്പെട്ടെങ്കിൽ തന്നെ ഇരിക്കുമ്പോഴൊക്കെ അത് മനസ്സിലെ തള്ളിക്കയറി വരികയാണ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് നമ്മളിത് പറഞ്ഞത് ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ നമുക്കത് അത്ര എളുപ്പമല്ല എന്തുകൊണ്ടാണ് അത് നമ്മുടെ ദേഹിയുമായിട്ട് മനസ്സുമായിട്ട് നമ്മുടെ വികാരവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതായത് അങ്ങനെ ബന്ധപ്പെട്ടതാകുമ്പോൾ നമുക്ക് അത്ര എളുപ്പമല്ല എളുപ്പമല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് കർത്താവ് ദൈവം അത് ക്ഷമിച്ചു അത് മറന്നു നമ്മളോടും പറഞ്ഞേക്കുന്നു ദൈവം ചെയ്ത പോലെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു എങ്ങനെ അതിന് കഴിയും പ്രിയപ്പെട്ടവരെ ദൈവം ക്ഷമിച്ചു അത് മറന്നു എന്ന് പറയുമ്പോൾ ദൈവം മറക്കാൻ തൻ്റെ ഇച്ഛ വച്ചു എന്ന് വെച്ചാൽ ദൈവം ദൈവമായിരിക്കുന്നിടത്തോളം ദൈവത്തിന് അത് ഓർക്കാതിരിക്കാനായിട്ടോ അത് അതിനെക്കുറിച്ച് അജ്ഞനായിട്ടിരിക്കാനോ കഴിയേല കാര്യം ദൈവം സർവജ്ഞനാണോ സർവജ്ഞാനിയാണ് അതുകൊണ്ട് ദൈവത്തിനത് അത് തീർത്ത് വിസ്മരിച്ച് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ദൈവം അത് ഓർക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല ഓർമ്മ ഓർമ്മ ഓർമ്മിക്കാതിരിക്കാൻ താൻ ഇച്ഛിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്കും ആ നിലയിൽ നമുക്ക് കാര്യങ്ങളെടുക്കാം പ്രിയസഹോരസഹോരി എളുപ്പമല്ല കാര്യങ്ങളെന്ന് എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ദ്രോഹിച്ചവരും വിഷമിപ്പിച്ചവരും നമ്മളെ ഉപദ്രവിച്ചവരും നമ്മെക്കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞവരും ഒക്കെ ആയ ആളുകളുടെ ഓർമ്മകൾ നമ്മളവരോട് ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ തള്ളിക്കയറി വരാം പക്ഷെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ പെരുമാറും ദൈവം എന്താ ചെയ്തത് ദൈവം അത് മറക്കാൻ ഇച്ഛവെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഞാനത് ക്ഷമിച്ചതാണ് ഇനിയും അതിൻ്റെ ഒരു ഓർമ്മയെ ഞാൻ മനസ്സിൽ താലോലിക്കേയില്ല നമ്മൾ ഓർത്ത് നോക്ക് നമ്മൾ ഈ കയ്പിൻ്റെ ഒരു ചിന്തയെ നമ്മൾ മനസ്സിൽ വെച്ച് താലോലിച്ചു എന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും പേർത്തും പേർത്തും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കിങ്ങനെ വൈരാഗ്യം കൂടി കൂടി വരും അടുത്ത തവണ ഈ ചിന്ത വരുമ്പോൾ അത് നൂ പത്ത് ഇരട്ടി ശക്തിയോടെ വരും അതിൻ്റെ അടുത്ത തവണ വരുമ്പോൾ അത് അതിനേക്കാൾ ശക്തിയായിട്ട് വരും അതേസമയം ആദ്യം വരുന്ന രംഗത്ത് തന്നെ നമ്മൾ ഇല്ല ഇതിനെ താൽവലിക്കുകയില്ല ഞാനത് ക്ഷമിച്ചതാണ് ദൈവം അത് മറക്കാനായിട്ട് ഇച്ച വെച്ചതുപോലെ ഞാനിത് മറക്കാനായിട്ട് ഇച്ച വെക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളതിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിന് ഒരു സന്ദേശം കിട്ടും മനസ്സ് പിന്നെ അധികം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയില്ല പ്രിയപ്പെട്ടവരെ കുറച്ച് നാൾ നമ്മൾ ആ നിലയിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തോടുള്ള ആ സ്നേഹത്തെ പ്രതി ദൈവകൽപ്പനയെ പ്രതി നമ്മളതിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതിനെ തള്ളിക്കളയാനായിട്ട് അത് ആ ചിന്തയെ ഹൃദയത്തിൽ താലോലിക്കാതെ നമ്മളതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ പഴയതുപോലെ വേട്ടയാടുക ആടുകയില്ല ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നമ്മൾ എന്തോ ചെയ്തെടുക്കുന്ന ഒരു കാര്യം പോലെ നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വാക്യം കൂടെ കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് റോമറഞ്ചിൻ്റെ അഞ്ച് റോമറഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നിട്ടുണ്ട് ആ സ്നേഹം എങ്ങനാ തന്നേക്കുന്നത് പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മ പലർക്കും ഇന്ന് പരിശുദ്ധാത്മാവിനെ വേണ്ടത് എന്തിനു പല അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടിയൊക്കെയാണ് പലർക്കും പരിശുദ്ധാത്മാവിനെ വേണ്ടത് എന്നാൽ നമുക്ക് സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തരാമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകരും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കയ്യാളാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് നമ്മൾ ഈ വാക്യത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക നമ്മൾ പറയുക ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കയ്പ്പിൻ്റെ ചിന്തയെ താലോലിക്കുന്നത് ശരിയല്ല ഞാനതിനെ തള്ളിക്കളയുന്നു പരിശുദ്ധാത്മാവേ നീയ എന്താ നീ ഒരു ഹെൽപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് ഈ ചിന്ത ഞാൻ റിജക്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യാമെന്ന് ശ്രമിക്കുമ്പോൾ പോലും ചിലപ്പോഴതിൻ്റെ ഒരു അതിൻ്റെ ചില കയ്പ്പ് എൻ്റെ നേരെ വരാം എന്നാൽ എനിക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ഒരു ഹെൽപ്പറാണല്ലോ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടരുതോ തേടാൻ കഴിയും കാരണം ഈ സ്നേഹം പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ഈ കർത്തർമേശയിലേക്ക് കരന്നിട്ടുന്നതിന് മുമ്പ് ഒരു കാര്യത്തിലെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വെളിച്ചം കിട്ടും എന്നാൽ ക്ഷമിക്കുക പൂർണ്ണമായി ക്ഷമിക്കുക എന്ന ഒരു കാര്യത്തിലെങ്കിലും നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രൂവ് ചെയ്ത് നമുക്കിതിലേക്ക് കരന്നിട്ടണം നമ്മളിത് പറയുമ്പോൾ നമ്മളിന്ന് ഇതിന് ഇതിനു വേണ്ടി ആ നിലയിൽ ക്ഷമിക്കാത്ത ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേതെങ്കിലും കയ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പല മുഖങ്ങളും പല ഓർമ്മകളും തള്ളിക്കയറി വരാം അത് നിങ്ങളെ നിരാശപ്പെടുത്തണ്ട മറിച്ച് എന്താ ഞാനിത് ഇന്ന് മുതൽ ഇന്ന് മുതൽ അത് വിട്ട് കളയുന്നു നമ്മൾ വഴിപാട് കഴിക്കാൻ വരുന്ന ഒരാളിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ എന്ത് വേണം വഴിപാടവിടെ വെച്ചിട്ട് ഒന്നാമത് പോയി അവനോട് നിരക്കണം നിരക്കണം ഇത് ആ നിലയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടാണ് ആ വഴിപാടിലേക്ക് നമ്മൾ കര നീട്ടുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാമത് പോയി ഈ കാര്യം ക്രമീകരിക്കണം ക്രമീകരിക്കണം ക്ഷമിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ കൈപ്പൊള്ള ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുകളയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിട്ടുകളയ്യുക വിട്ടുകളയുന്നത് അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് കാരണം നമ്മളത് ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മൾക്ക് തന്ന ക്ഷമയും പിൻവലിച്ചെന്ന് വരാം നമ്മുടെ ജീവിതത്തിൽ പിശാജിന് ഇടം കിട്ടിയെന്ന് വരാം പിശാജിനെ കാലി ചവിട്ടാൻ ഇടം കൊടുത്താൽ അവൻ അത് നശിപ്പിച്ചേ പോവുകയുള്ളു അതുകൊണ്ട് പിശാജിന് ഇടം കൊടുക്കല്ലേ മൂന്ന് നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കുക കണ്ടോ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് ആ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ട് ആ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് സ്നേഹമാണെന്നാണ് നമ്മളിവിടെ വായിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പകർന്നിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കല്ലേ കൈപ്പുള്ള ചിന്തകളെ പകയുള്ള ചിന്തകളെ താലോലിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നമുക്ക് മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം ഏതെങ്കിലും ഓർമ്മ ഓർമ്മ വരരുതെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരിക്കലും ഒരിക്കലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് രസകരമായ ചില കാര്യങ്ങൾ ഞാൻ ചില ഓർക്കുന്നുണ്ട് ഞാൻ കായംകുളത്തോട് ഒരു ദിവസം ഒരു ബസ്സേ പോവുക ഒരു ബസ്സേ പോവുക ബസ്സേ പോകുമ്പോൾ എൻ്റെ അടുത്തൊരാളിരിക്കുക ഒരാളിരിക്കുക അപ്പം ഞാൻ പതിവ് പോലെ എന്തോ ദിവാസ് ഒപ്പിനൊക്കെ കണ്ടേതാണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അടുത്തിരിക്കുന്ന ആളെ ഗവനിക്കാതെ ഇങ്ങനെ ഇരിക്കുക അന്നേരം അദ്ദേഹം എന്തോ എന്തോ പറഞ്ഞു ഞാൻ ഉടനെ ഞെട്ടിത്തിരിഞ്ഞ് അല്ല നിങ്ങളെന്തോ പറഞ്ഞല്ലോ എന്താ പറഞ്ഞ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുക അവിടെ ബസ് സ്റ്റാൻഡിലൊരാളൊരു ജുബായിട്ടൊരാൾ അവിടെ നിൽക്കുക എന്നിട്ട് എന്നോട് പറയുക കണ്ടോ ആ ജുബായിട്ട ആളിനെ കണ്ടു ഇതുപോലൊരുത്തനെ എനിക്കറിയാം ഭയങ്കര അഹങ്കാരിയാണെന്ന് ഇവനൊക്കെ ഇവനെക്കുറിച്ച് ഞാൻ ഇവനൊക്കെ മഹാഅഹങ്കാരിയാന്ന് ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞത് ഇച്ചിരി ഉറക്കെ ആയിപ്പോയി അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും പറ ചോദിച്ചോ എന്ന് പറ മനസ്സിലായോ എൻ്റെ അടുത്തിരുന്ന ഒരു മനുഷ്യൻ വഴിയിലൊരു ജുബായിട്ട് ഒരാളെ കണ്ടപ്പം എന്താ എന്തോ വൈരാഗ്യപ്പെട്ട് പറഞ്ഞു ശബ്ദത്തിൽ അടുത്ത് ആളുകൾ അടുത്തിരിപ്പുണ്ടെന്ന് പോലും ഓർക്കാതെ ഉറച്ചു പറഞ്ഞു ഉറച്ചു പറഞ്ഞാൽ കേട്ട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അതുകൊണ്ട് ആ ജുബായിട്ട് ആളിനെ കണ്ടോ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആളിനെ അറിയാമോ അല്ല എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇതുപോലൊരു തന്നെ എനിക്കറിയാം ഇതുപോലെ സ്ഥിരം ജുബായിടുന്ന പോലെ തന്നെ എനിക്കറിയാം എന്താ പ്രശ്നം ഏതോ ജുബായിടുന്ന ഒരു മനുഷ്യന് ഇദ്ദേഹത്തെ പണ്ടെന്നോ ദ്രോഹിച്ചു പണ്ടെന്നോ ദ്രോഹിച്ചു അതിൻ്റെ ഒരു വൈരാഗ്യം എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടക്കുക ഈ ജൂബായിട്ട ആളിനെ കണ്ടപ്പം മറ്റേ ആളിനെ ഓർത്തു അന്ന് ജൂബായിട്ട ആളിനെ ഓർത്തു അത്രേ ഉള്ളൂ ഈ ജൂബായിട്ട പാവം മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹം ബസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇങ്ങനെ ബസ്സിലിരുന്നൊരാൾ ഇദ്ദേഹത്തോട് വൈരാഗ്യപ്പെടുന്നതൊക്കെ എന്താ പ്രശ്നം എന്താ ഒരു ജൂബ കണ്ടപ്പോൾ അതിൻ്റെ ഓർമ്മ വന്നു ഓർമ്മ വന്നു നമ്മുടെ വണ്ടിയെ ഒരാൾ ഇടിച്ച ഒരു വഴിയിലൂടെ പിന്നെ പോകുമ്പം ചിലപ്പോൾ ആ വഴി നമ്മളെ പഴയ കാര്യം ഓർപ്പിക്കാം ഒരു ജുബായോ ഒരു വഴിയോ നമ്മളെ ചില ഓർമ്മകൾ കൊണ്ടുവന്നെന്നിരിക്കാം ഇല്ലെന്ന് കൊണ്ടുവരരുത് നമ്മളതിനൊക്കെ ഇമ്മ്യൂണായിപ്പോയി അങ്ങനെ ആകണം എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും റിയലിസ്റ്റിക് ആവുകയില്ല യാഥാർത്ഥ്യമാവുകയില്ല എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങനെയുള്ള ഓർമ്മ വരുന്ന ഓരോ നിമിഷവും നമ്മൾ ആ ഓർമ്മയെന്ത് ചെയ്യല്ലേ താലോലിക്കല്ലേ ആ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് പറഞ്ഞ് ആ മനുഷ്യനെ പോലെ ഹൃദയത്തിൽ പറഞ്ഞു പറഞ്ഞ് പിന്നെ നമ്മൾ ഉറച്ചു പറയും അടുത്തിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കും അതുകൊണ്ട് നമ്മൾ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ക്ഷമിച്ചതുപോലെ ദൈവം ക്ഷമിച്ചെങ്കിൽ പിന്നെ അത് ദൈവം ഓർക്കാനിച്ഛിക്കുന്നില്ല നമ്മളും ഈ കാര്യം ഓർക്കാനിച്ഛിക്കുന്നില്ല നമ്മൾ ഏകപക്ഷീയമായി ക്ഷമ കൊടുക്കുക വിട്ടുകളയുക ആ കയ്പ്പിനെ മാറ്റിക്കളയുക ആ കയ്പ്പിനെ മാറ്റിക്കളയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടുക ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ കൈവിടുകയില്ല നമ്മളെ സഹായിക്കും ഇതെല്ലാം ഇങ്ങനെ ചെയ്യേണ്ടത് എന്തിനു മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി തന്നെ നമുക്ക് വേണ്ടി തന്നെ ദൈവം നമുക്ക് തന്ന ക്ഷമ പിൻവലിക്കരുത് ഓ അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്ന ഈ ജീവിതത്തിൽ പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത് ദുഃഖിപ്പിക്കരുത് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം